ധ്യായം ആറ് സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു നിന്റെ പ്രിയൻ ഏതുവഴിക്ക് തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം തോട്ടങ്ങളിൽ മേയിപ്പാനും താമരപ്പൂക്കളെ പറപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു ഞാൻ എന്റെ പ്രിയനുള്ളവൾ എന്റെ പ്രിയൻ എനിക്കുള്ളവൻ അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു എന്റെ പ്രിയെ നീ തൃസ പോലെ സൗന്ദര്യമുള്ളവൾ എരുശലേം പോലെ മനോഹര കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര നിന്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്കുക അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു നിന്റെ തലമുടി ഗലയാതെ മലഞ്ചെരിവിൽ കിടക്കുന്ന കോലാട്ടിൻകൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ ഖണ്ഡം പോലെ ഇരിക്കുന്നു അറുപത് രാജ്ഞികളും എൺപത് വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതിയെന്ന് വാഴ്ത്തും രാജ്ഞികളും കൂടെ അവളെ പുകഴ്ത്തും അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെപ്പോലെ സൌന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കുടികളോടു കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളൊരിവൾ ആർ ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിനും അക്രൂത്തു തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്റെ അഭിലാഷം ഹേതുവായി ഞാനറിയാതെ എന്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിൽ എത്തി